ആ ഇന്നർ വോയിസ് കേൾക്കാനുള്ള ശക്തി നമുക്ക് നഷ്ടപ്പെട്ടുപോയി ആ ഇന്നർ വോയിസ് ആയിട്ടുള്ള ഈശ്വരൻ യോഗക്ഷേമ ദുരന്ധരനാണെന്നാണ് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് അദ്ദേഹത്തിന് അറിയാം നല്ലവണ്ണം അറിയാം സകല ശ്രേയപ്രദോദ്യോഗം നിങ്ങൾക്ക് മുക്തിമാർഗം കാണിച്ചു നിശ്ചയിച്ചിരിക്കുകയാണ് ദൃഷ്ട അദൃഷ്ട നിങ്ങൾക്ക് അറിയണതും അറിയാൻ പാടില്ലാത്തതും അയാൾക്കറിയാം കാരണം അയാള് നിങ്ങള് വിചാരിക്കുന്ന ആളല്ല യസ് സർവജ്ഞാനമയം തപഹ ദിവ്യേ ബ്രഹ്മപുരേ ഹേശ വ്യോമിനി ആത്മാ പ്രതിഷ്ഠിത മനോമയ പ്രാണശരീര നേത ഹൃദയം സന്നിധായ ഉപനിഷത്ത് പറഞ്ഞു ഹൃദയത്തില് മനസ്സുകൊണ്ട് മൂടി പ്രാണൻ കൊണ്ട് കെട്ടി മറച്ചുകൊണ്ട് ഉള്ളിലിരിക്കുന്ന ആളുണ്ടല്ലോ അയാൾ സർവജ്ഞനാണ് സർവ്വവിത്താണെന്ന് പറഞ്ഞു വേണമെന്നുള്ളപ്പോ വഴികാട്ടും ബുദ്ധിയോഗമുപാശ്രിത്യ അതുകൊണ്ട് അർജുന ബുദ്ധി കൊണ്ട് അന്തര്യാമിയായ എന്നിൽ കർമ്മങ്ങളെ ഒക്കെ സമർപ്പിച്ച് ബുദ്ധിയോഗം എന്നിവിടെ ഭഗവാൻ പറയണത് കോൺസ്റ്റന്റായിട്ട് ആ ഇന്നർ വോയിസ് കേൾക്കാൻ പഠിക്കുക ഭഗവാൻ്റെ അടുത്ത് വർത്തമാനം പറയാൻ പഠിക്കുക എന്നാണ് ആരുടെ അടുത്തേക്കോ വർത്തമാനം പറയണല്ലേ അന്തര്യാമിയുടെ അടുത്ത് വർത്തമാനം പറയാൻ പഠിക്കുക അന്തര്യാമിയായ ഭഗവാന്റെ ഭാഷ പഠിക്കുക നമ്മൾ തമിഴോ മലയാളമോ സംസ്കൃതമോ ഒന്നുമല്ല അതൊരു പെക്യൂലിയർ ഭാഷയാണ് ആ ഭാഷ പഠിക്കുക അന്തര്യാമിയുടെ അടുത്ത് ഒരു കമ്മ്യൂണിയൻ ഉണ്ടായിക്കഴിഞ്ഞാൽ മച്ചിത്ത സതംഭവ എപ്പോഴും ചിത്തത്തിന് നിയച്ച കർണധുനീമിച്ച ചിത്തേ ഉള്ളില് തിരിച്ചുവിടുകയാണ് അങ്ങനെ തിരിച്ചുവിട്ടാൽ ഒരിക്കലും അർജുന നിനക്ക് ഒരിടത്തും ഒരു വിഷമം കാരണം ഏത് വിഷമം എങ്ങനെ തരണം ചെയ്യണം എപ്പം തന്നെ വഴി കാണിക്കണം എന്ന് എനിക്കറിയാം നീ ഞാൻ പറയണത് കേൾക്കാതെ പുറത്ത് അവനും ഇവനും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നിനക്ക് കുഴപ്പ അതുകൊണ്ട് നിനക്ക് നല്ലത് വേണോ ഞാൻ പറയണത് കേൾക്കാനുള്ള ആ ചമത്കാരം ആ കൗശലം സമ്പാദിക്കുക അടുത്ത ശ്ലോകം നോക്കൂ മച്ചിത്ത സർവ ദുർഗാണി മത് പ്രസാദാസി അധചേത്വമഹങ്കാത് ശ്രോഷ്യസി വിക്ഷ്യസി നോക്കൂ ഈ ശ്ലോകത്തിൽ മാത്രമാണ് ഭഗവാൻ കുറച്ച് ഹാർഷായിട്ട് ഒരു പ്രയോഗം നടത്തണം അത് എവിടെയാണ് പറയണത് എന്ന് വെച്ചാൽ ഭഗവാൻ പറയണത് ഓരോരുത്തരുടെ ഉള്ളിലും അവരവരുടെ ഉപാധിക്ക് പുറകില് മനസ്സിന് പുറകില് പ്രാണൻ കൊണ്ട് മൂടപ്പെട്ട് അന്തര്യാമിയായി അവരുടെ ജീവിതത്തിൽ വഴി നടത്താൻ വേണ്ട പവർ അന്തര്യാമിയായി ഈശ്വരൻ റെഡിമെയ്ഡായിട്ട് ഫിറ്റ് ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ആ ഭഗവാൻ പറയണത് കേൾക്കാതെ കേട്ടുകഴിഞ്ഞാൽ സർവദുർഗാണി തരിഷ്യസി ഭഗവാൻ പറഞ്ഞു നിനക്ക് ജീവിതത്തിൽ ഒരു പ്രതിബന്ധം ഉണ്ടാവില്ല അപ്പ വേണോ അപ്പൊ ഞാൻ ഐ വിൽ ഓപ്പൺ മൈ മൗത്ത് അപ്പോഴേ ഞാൻ വർത്തമാനം പറയുള്ളൂ അല്ല ഞാൻ വളവളാൻ പറഞ്ഞുകൊണ്ടിരിക്കില്ല നമ്മളാണ് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉള്ളിലുള്ള ആൾ വേണ്ട സമയത്ത് പറയും അതിന് റെഡി ആയിട്ട് ഇരിക്കണം അതിന് നിശ്ചലമായിട്ടിരുന്ന് ആ വഴി കണ്ടുപിടിക്കാൻ അറിയണം അങ്ങനെ അറിഞ്ഞാൽ നീ എല്ലാ വിഷമങ്ങളും കടക്കും ആ ടെക്നിക്ക് നിനക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ അഹങ്കാരം കൊണ്ട് നീ വെളിയിൽ ആശ്രയിക്കുകയും വെളിയിലുള്ള വസ്തുക്കളെ കയറി പിടിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് നീ ഞാൻ പറയണത് നീ കേൾക്കാതെ പുറത്തുള്ള വസ്തുക്കളെ ഒക്കെ ചെന്ന് പിടിച്ചാൽ വിനങ്ക്ഷരന്റെ ഒത്തിരി കഠോരമായിട്ടൊരു വാക്ക് പറഞ്ഞതാണ് ഉള്ളിലുള്ള ആള് പറയണത് കേൾക്കാൻ നീ കൂട്ടാക്കിയിട്ടില്ലെങ്കിൽ നാശാണ് ഫലം ഉള്ളിലുള്ള ആള് എന്തു പറയുന്നു അത് കേൾക്കും ശ്രവിക്കാൻ ഉള്ള ശക്തി വളർത്തിയെടുക്കുക െ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ഭക്തി ജ്ഞാനം ശരണാഗതി ഒക്കെ ഉള്ളില് വരും ഹേ അർജുന ഞാൻ നിന്റെ അന്തർയാമിയാണ് നിനക്ക് ഉള്ളിൽ കേൾക്കാൻ കഴിയാത്തത് കൊണ്ട് രൂപത്തിൽ വന്ന് നിന്റെ അടുത്ത് പറയുകയാണ് നിന്റെ ഉള്ളിൽ പറയുന്ന ആള് തന്നെയാണ് ഇപ്പോൾ പുറത്ത് നിന്ന് പറയണത് അതാണ് ഗുരു എന്ന് പറയുന്ന തത്വം ഈശ്വരോ ഗുരുഹു ആത്മേതി ഇയാൾ പറയണത് മാത്രം ഞാൻ എന്തിനു കേൾക്കണം നമ്മൾ ചോദിക്കുവേ അപ്പൊ നോക്കുക ഞാൻ പറയണ ഞാനും നിന്റെ ഉള്ളിലുള്ള അന്തര്യാമയുടെ ആ സൂക്ഷ്മമായ വാ സം വാക്കും രണ്ടല്ല അതുകൊണ്ട് നിനക്ക് ഇത് രണ്ടും കൂടെ ജോഡിപ്പിക്കാൻ പറ്റും നിനക്ക് ഉള്ളിൽ കേൾക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ പുറത്ത് വന്നത് അല്ലെങ്കിൽ നിനക്ക് ഉള്ളില് മതി പുറത്ത് ആവശ്യമില്ല കൈവല്യ നവനീതത്തിൽ ഒരു ശ്ലോകമുണ്ട് തമിഴില് ആ ശിഷ്യന് ഞാനും വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ശിഷ്യൻ മനസ്സിലാക്കുകയാണ് ഈ പുറത്തുള്ള ആള് എത്രയോ ജന്മം എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഞാൻ അവിടെ കേൾക്കാൻ കൂട്ടാക്കിയില്ല അതുകൊണ്ടാണ് ഇപ്പൊ പുറത്തു വന്നത് എന്നാ ശിഷ്യൻ പറയാണ് അയ്യനെ അനന്ത ജന്മങ്ങൾ എന്നുള്ള മയ്യനെ ഉപദേശിക്ക വെളിവന്ത ഗുരുവേ പോത്തി ഉയേ മുക്തി നൽകും ഉദവിക്ക് ഓർ ഉദവി നായേൻ ചെയ്യുമാറോം കാണേൻ തിരുവടി വീണ് വീണ് നമസ്കരിക്കുക അല്ലാതെ ഇപ്പൊ എനിക്കൊന്നും ചെയ്യാനില്ല അനന്ത ജന്മങ്ങൾ എത്രയോ ജന്മങ്ങൾ എനക്ക് എന്റെ ഉള്ളില് അന്തർയാമിയായിട്ടിരുന്നു ഞാൻ കേൾക്കാൻ കൂട്ടാക്കിയില്ല അപ്പൊ ഇപ്പൊ പുറത്തൊരു രൂപം ധരിച്ചു വന്ന് ഉപദേശിക്കും അപ്പൊ ഭഗവാനും അർജുനനോട് പറയണത് ഇതാണ് ഞാൻ എന്റെ ഉള്ളിലുള്ള ആള് തന്നെയാണ് ഇപ്പൊ പുറത്ത് ഈ രൂപത്തിൽ നിന്ന് പറയണത് ശാമം പ്രപദ്ധ്യേ ശബലം പ്രപദ്ധ്യേ എന്നൊക്കെ ശാന്ത ഉപനിഷത്തിലുണ്ട് തത്വം പറഞ്ഞ ആള് ഉള്ളിലുള്ളതും പുറത്തുള്ളതും രണ്ട് വസ്തുവല്ല ഗുരുവായിട്ട് നിക്കണതും ഉള്ളിൽ ആചാര്യ ചൈത്യ വപുഷാ സ്വഗതി പുറമേക്ക് ആചാര്യനായിട്ടും ഉള്ളിൽ ചൈത്യ വപുസ്സായിട്ടും വിവേകമായിട്ടും ചൈതന്യമായിട്ടും ഒക്കെ ഒരേ വസ്തു തന്നെ അപ്പൊ ഭഗവാൻ ഇവിടെ പറയണത് നീ ഞാൻ ഇപ്പൊ പറയണത് കേട്ടിട്ടില്ലെങ്കിലുണ്ടല്ലോ ഞാൻ യുദ്ധം ചെയ്യില്ല എന്നൊക്കെ പറയണ്ടല്ലോ ഇത് വെറുതെയാ അടുത്ത ശ്ലോകം നോക്കൂ യത് അഹംകാരമാശ്രിത്യോത്സ്യ മന്യസേ മിഥ്യൈഷവ്യവസായ പ്രകൃതിസ്വാംക്ഷ്യവിടെ ഭഗവാൻ അർജുനനെ യുദ്ധം ചെയ്യൂ എന്നല്ല പറയണത് യുദ്ധം ചെയ്യില്ല എന്ന് പറയാനോ യുദ്ധം ചെയ്യാതിരിക്കാനോ ഉള്ള ഫ്രീഡം നിനക്കായിട്ടില്ല അപ്പ എന്നാണ് അത്രേ പറയണു എന്താന്ന് വെച്ചാൽ ഇയാൾ മുഴുവൻ യുദ്ധം കൊണ്ട് ഉണ്ടാക്കപ്പെട്ട പാർട്ടിയാണേ ഇയാളെ കൊണ്ടിപ്പോ ചെയ്യാൻ പറ്റും അല്ലേ ഒക്കെ ഒരേ സാധനമാണെങ്കിൽ ഒന്ന് ഗ്രൈൻഡറിലെ ഇലക്ട്രിസിറ്റിയാണ് സി പ്ലെയറിൽ ഇലക്ട്രിസിറ്റി ഒരു സി എടുത്ത് ഗ്രൈൻഡറിലിട്ട് ഓൺ ചെയ്താൽ പാട്ട് പാടുവാം അത് നല്ലവണ്ണം അരച്ച് പൊടി തരും അല്ലേ ഇത്തിരി അരിയടുത്ത് സി ഡി പ്ലെയറിനുള്ളിലിട്ടാൽ പാട്ട് പാടുപോ അതൊക്കെ കേടുവന്നു പോവും ഇയാൾ ഇയാളുടെ ഉപാധി തന്നെ ഇങ്ങനെയാ ഇയാള് തന്നെ ഒരു അയാള് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന എന്താ ഗാന്ഡീപമോ അയാളും വേറെയല്ല രണ്ടും ഒരേ പോലെയാണ് ഇത്രയും ഉള്ള ആള് ഞാൻ യുദ്ധം ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് സന്യാസി ആവാന്ന് ഇതിനു മുമ്പ് പുറപ്പെട്ടതാ സന്യാസമൊക്കെ ആയിട്ട് കാഷായോ കൊടുത്തിട്ട് പോയി തിരിച്ചു വരുമ്പോ ദ്രൗ സുഭദ്രയും കൂട്ടിക്കൊണ്ടു വന്നു അപ്പൊ കൃഷ്ണൻ പറഞ്ഞു ഇതാണ് നീ വെറുതെ വേണ്ടാത്തരത്തിന് പുറപ്പെട ഒരാള് പറഞ്ഞു ഭാര്യ എടുത്ത് ഞാൻ എന്ത് പറഞ്ഞാലും കൂട്ടാൻ ഉപ്പ് പോരങ്കി സന്യാസം എന്ന് പറഞ്ഞു ഇഡ്ലി സമയത്തിന് കിട്ടിയിട്ടില്ലെങ്കി സന്യാസം എന്ന് പറഞ്ഞു രമണ മഹർഷി പറഞ്ഞ കഥയാത് അപ്പോ ഭാര്യ നല്ല സ്ത്രീയാണ് അവരോരൊരിക്കലും ഇദ്ദേഹം പറയുമ്പോൾ പാവം നമസ്കരിച്ച അയ്യോ അങ്ങ് എന്നെ വിട്ടിട്ട് പോകരുതെന്ന് പറഞ്ഞ് ദോശ ഉണ്ടാക്കി കൊടുക്കും ഇഡ്ഡ്ലി ഉണ്ടാക്കി കൊടുക്കും ശാപ്പാട് ഉണ്ടാക്കി കൊടുക്കും അവസാന എടുത്ത് ഓപ്പോസിറ്റ് വീട്ടിലുള്ള സ്ത്രീ കണ്ടുകൊണ്ടേ ഇരിക്കണം പറഞ്ഞു നീ ഇങ്ങനെ വഴങ്ങി കൊടുത്ത് അയാൾ നിന്റെ മേലെ കയറിയിരിക്കുകയാണ് നീ അയാള് സന്യാസം ഞാൻ പൊയ്ക്കൊള്ളുന്നു പറയാ അയ്യോ പോയാലോ ഒന്നും പോയില്ല പറഞ്ഞുകൊടുന്ന് ഞാനുണ്ടെന്ന് അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ എന്തോ കാപ്പിക്ക് പഞ്ചസാര പോരാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതാ സന്യസിക്കാൻ പോണെന്നു പോയിക്കോളൂന്നു ഏ ഇത്ര ദിവസം പറഞ്ഞിട്ടില്ലേ അങ്ങനെ അപ്പൊ പോയിക്കോളൂന്ന് പറഞ്ഞു അമ്മ ഞാൻ ശരിക്കും പോവും പൊയ്ക്കോളൂ ഞാനല്ലേ പറയണത് പോയിക്കോളൂന്ന് പറഞ്ഞു വാസ്തവത്തിൽ ഞാൻ പോയിക്കളയും പോയിക്കോളൂന്നു ഇയാള് ശരി ഇനിയിപ്പോ ഇനി പോവാതിരുന്ന മോശമല്ലേ പോണ സമയത്ത് ഇങ്ങനെ പോയി അവിടെ പോയി പുറത്ത് ഗ്രാമത്തിന് പുറത്തു ഒരു അമ്പലത്തിന്റെ ആലത്തറയിലിരുന്നു ഭാര്യ വിളിക്കാൻ വരും വിചാരിച്ചു ഇവർ വന്നില്ല വൈകുന്നേരം വരെ വന്നില്ല രണ്ടു മൂന്നാളെ പറഞ്ഞു വെച്ചു ഭർത്താവോ ഊണ് കഴിക്കാതെ പോയിരിക്കണോ എന്നിങ്ങനെ ഇരിക്കാവോ പോയി വിളിച്ചോണ്ട് വരും എന്നൊക്കെ പറഞ്ഞു അപ്പോഴും അവർ പോയില്ല അവസാനം ഇവരുടെ വീട്ടില് പശു മേഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ അതിന്റെ വാലും പിടിച്ചോണ്ട് പോയി അവിടെ ചെന്നപ്പോ ഭാര്യയെ ചോദിച്ചു എന്തേ ചോദിച്ചു അല്ല നമ്മളുടെ പശുവേ നമ്മളെ വിടലിയാന്നത്തെ അത് വിളിച്ചോണ്ട് പോന്നത്തെ എന്താന്ന് വെച്ചാൽ പ്രകൃതി വാസന അതിന് പൂവോ ഒന്നാണ് വാസന ഉണ്ട് പ്രകൃതിയുണ്ട് പോയിട്ടില്ല നീ വെറുതെ ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞോത്സീതി മന്യസ്സേ അഹങ്കാരമാശ്രിത്യ ഭഗവാൻ അർജുനൻ വിചാരിച്ചു ഞാൻ സന്യസിക്കുകയാണെന്ന് പറഞ്ഞ ഭഗവാൻ സന്തോഷിക്കുന്നു വിചാരിച്ചു ഭഗവാൻ പറഞ്ഞു അഹങ്കാരം കൊണ്ടാണ് നീ ഇത് പറയണത് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ മിഥ്യീഷ വ്യവസായസ്ഥേ ഇത് വെറുതെ തോന്നുക അതിനുള്ള പവർ ഒന്നും നിന്റെ കയ്യിലില്ല നിന്റെ പ്രകൃതി വേറെയാണ് നിന്റെ പ്രകൃതി ഉണ്ടല്ലോ ത്വാം നിയോക്ഷ്യുന്നു നിന്റെ പ്രകൃതി യുദ്ധം ചെയ്യാനായിട്ട് നിന്റെ പ്രകൃതി അതാണ് രാമൻ കയ്യിൽ ധനുസോടുകൂടെ കാട്ടിൽ ചെല്ലുമ്പോ സീത പറയണത് ഋഷികളെയൊക്കെ കണ്ടിട്ട് പറഞ്ഞു നോക്കൂ ജട്ട ധരിച്ചിരിക്കുന്നു ഋഷികളുടെ വേഷമാണ് കയ്യിലെന്തിനീ ധനുസ് അത് വിട്ടുകളയും ദേശധർമ്മസ്തു പൂജ്യതാം ദേശധർമ്മം എന്താണ് ഈ ഋഷികളൊക്കെ എത്ര സമാധാനമായിട്ട് സമ ശാന്തിയോടുകൂടെ ഇരിക്കണം നമുക്ക് എന്തിനാ ഈ വില്ലു അമ്പൊക്കെ നമ്മൾ തിരിച്ച് അയോധ്യയിലേക്കേ പോകണ്ട ഈ കാട്ടിൽ സൗഖ്യമായിട്ട് തപോനിഷ്ഠതായിട്ട് ഇരിക്കാം എന്ന് പറയാ സീത രാമൻ ചിരിച്ചുകൊണ്ട് സീതയെ നോക്കിക്കൊണ്ട് പറയും നീ പറയണത് ആരെങ്കിലും കേട്ടാലേ അടുത്ത് വന്ന് ചോദിക്കും ജനകന്റെ മകളല്ലേ ചോദിക്കും കുലം വ്യപതിശന്യാ ച ധ ധർമ്മജ്ഞേ ജനകാത്മജെ എന്ന് വിളിക്കാണ് രാമൻ ജ്ഞാനിയായ ജനകന്റെ മകൾക്കേ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ പക്ഷെ നോക്കൂ നമ്മളുടെ സ്വഭാവം നമ്മളുടെ പ്രകൃതി ക്ഷാത്ര പ്രകൃതിയാണ് അത് ധനുസ് ധരി ധനസ് നമ്മൾ ധരിച്ചിട്ടില്ലെങ്കിലും ധനസ് നമ്മളുടെ ഉള്ളിലുണ്ട് നമ്മളുടെ ധർമ്മം ഇതാണ് നമ്മൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് രാമൻ പറയാണ് ഇപ്പൊ അർജുനനാണെങ്കിൽ ഇവിടെ പറയാം ഞാൻ ഇതൊക്കെ വിട്ടിട്ട് പോയി കളയാന്നൊക്കെ പറയുമ്പോൾ ഭഗവാൻ പറയണോ തന്നെ എനിക്കറിയില്ലേ എത്ര കാലമായി നമ്മൾ തമ്മിൽ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് അഹങ്കാരം കൊണ്ട് താൻ പറയാണ് തന്നെ കൊണ്ടിങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റില്ല അടങ്ങണമെങ്കിൽ കൃഷ്ണനാവണം അല്ലേ എത്രയോ വേണ്ട യുദ്ധമൊക്കെ ചെയ്ത ആള് വെറും ഗോപാലനായിട്ടിരുന്ന് യുദ്ധം ചെയ്യുന്ന ആളുകളെ മുഴുവൻ പ്രഹസിപ്പിച്ചുകൊണ്ടിരിക്കുക പരിഹസിച്ചുകൊണ്ടിരിക്കുക കയ്യിൽ ചമ്മട്ടിയും പിടിച്ചുകൊണ്ട് ആ കുതിരയെ കുളിപ്പിച്ചുകൊണ്ട് കുതിരയ്ക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് കുതിരയോട്ടിയായിട്ട് യുദ്ധത്തിൽ അഹങ്കാരികളായ ക്ഷത്രിയന്മാർക്ക് ഒരു പരിഹാസമായിട്ട് അശാന്തസുഖം എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ആ പാർത്ഥസാരഥി വേണ്ട സമയത്തൊക്കെ എന്തൊക്കെ ചെയ്യണോ നിവൃത്തിയില്ലാത്ത സ്ഥലത്തൊക്കെ ചെയ്ത ആള് ഈ വലിയ കുരുക്ഷേത്ര ഭൂമിയിൽ ഒന്നും ചെയ്യാതിരിക്കണം വേണ്ടപ്പോ ചെയ്യാനും വേണ്ടാത്തപ്പോ ചെയ്യാതിരിക്കാനും സ്വാതന്ത്ര്യം വേണം ആ സ്വാതന്ത്ര്യ അർജുന തന്റെ പ്രകൃതി തന്നെ സ്വതന്ത്രമാക്കിയിട്ടില്ല അറിയേണ്ടത് അറിഞ്ഞുകഴിഞ്ഞാൽ ദ്വിജോ വിജ്ഞായ വിജ്ഞേയം തമസ്പാരം അശ്ണു ത്യജന്ത പ്രകൃതി ദൈവീ യഥാഹം ലോകസംഗ്രഹം ഭഗവാൻ ഭാഗവതത്തിൽ പറഞ്ഞു ഞാൻ നോക്കൂ ജ്ഞാനം കൊണ്ട് എന്റെ പ്രകൃതിയെ മാറ്റി നിർത്തിയിട്ട് ഞാൻ ലോകസംഗ്രഹത്തിനായിട്ട് പ്രവർത്തിക്കണമെന്ന് പ്രകൃതിയെ മാറ്റി നിർത്തണമെങ്കിൽ ജ്ഞാനം വേണം പ്രകൃതിയെ തരണം ചെയ്യണമെങ്കിൽ ആത്മാനുഭൂതിയുടെ ബലം വേണം വീര്യം വേണം അത് ഇല്ലെങ്കിൽ വെറുതെ പറയാം ഞാൻ അങ്ങനെ ചെയ്യും നാളെ മുതൽ മെഡിറ്റേഷൻ നമുക്ക് പറയും എഴുന്നേക്കുക എന്താന്ന് വെച്ചാൽ ഈ തീരുമാനിക്കേണ്ട ആൾ അടുത്ത ദിവസം ഉണ്ടാവില്ലേ നാളെ മൂന്ന് മണിക്ക് എഴുന്നേൽക്കും ഈ തീരുമാനിക്കും മൂന്ന് മണിക്ക് എഴുന്നേൽക്കേണ്ട ആൾ വേറെയാ എഴുന്നേക്കില്ല ഓ എന്താന്ന് പ്രകൃതി പ്രകൃതി സ്വാം നിയുക്ഷീ എന്ന് പറഞ്ഞു എന്തേ ഭഗവാനെ പ്രകൃതി എനിക്ക് കടക്കാൻ പറ്റില്ലേ കടക്കാൻ ഒരുപാട് പണിയുണ്ട് അർജുന പ്രകൃതി നിന്റെ ജയിലാണ് നിന്നെ കെട്ടിയിട്ടിരിക്കുന്നത് നിന്റെ പ്രകൃതിയാണ് നിന്റെ ഉപാധിയാണ് നിന്റെ ശരീരം നിന്റെ ജീൻ നിന്റെ വാസനകൾ ഫീൽഡ് ക്ഷേത്രം അതിനുള്ളിൽ നീ പെട്ടുകിടക്കാണ് ആ ക്ഷേത്രത്തില് വാസനകളുള്ളവരെ നീ പ്രകൃതിക്കുള്ളിലാണ് പ്രകൃതിയുടെ സ്വാധീന വലയത്തിനുള്ളിലാണ് അതാണ് അടുത്ത ശ്ലോകം നോക്കൂ ഇവിടെ നിന്നാണ് വളരെ ശ്രദ്ധിക്കേണ്ടത് ഗീതയുടെ താത്പര്യം എവിടെയാണ് അവസാനത്തേക്ക് വരുകയാണ് നമ്മൾ ഓരോരുത്തർക്കും ഒരു സ്വഭാവമുണ്ട് ആ സ്വഭാവമാണ് അവരുടെ പ്രകൃതി അതാണ് അവരുടെ ഫീൽഡ് ഓഫ് ഫ്രീ വില് ആൻഡ് ദാറ്റ് ഈസ് ദ ഫീൽഡ് ഓഫ് ഡെസ്റ്റിനി നമ്മൾ ഫ്രീ വില് വിളിക്കുന്നത് തന്നെയാണ് ഡെസ്റ്റിനി ഡെസ്റ്റിനി തന്നെയാണ് ഫ്രീ വില് ഫ്രീ വില്ലും ഡെസ്റ്റിനിയും രണ്ട് സാധനമല്ല ഫ്രീ വില് എന്നെയ്യ എന്തിനെ വിളിക്കുന്നു അത് തന്നെയാണ് ഡെസ്റ്റിനി ഡെസ്റ്റിനി എന്ന് പറയുന്നത് ഫ്രീ വില്ലായിട്ടാണോ ഓപ്പറേറ്റ് ചെയ്യും ഞാൻ എപ്പ സ്വതന്ത്രനാവണോന്ന് വെച്ചാൽ അയാൾക്ക് ഫ്രീ വില്ലും ഇല്ല ഡെസ്റ്റിനിയും ഇല്ല അയാളുടെ വില് അയാളുടെ അല്ല അയാള് സർവസ്വതന്ത്രൻ അയാളുടെ വില്ല് ആ ഫ്രീ ആയിട്ടുള്ള പൊരുളുടെ വില്ലാണ് അയാളുടെ വില്ലല്ല സെൽഫ് വില്ലില്ല അവിടെ അപ്പൊ അയാൾക്ക് ഫ്രീ വില്ലും ഇല്ല ഡെസ്റ്റിനിയും ഇല്ല ഫ്രീ വില് ഉണ്ടെങ്കിൽ ഡെസ്റ്റിനി ഉണ്ട് ഡെസ്റ്റിനിക്ക് കാരണമേ ഫ്രീ വില്ലാണ് അഥവാ ഫ്രീ വില്ലിന്റെ എക്സ്പ്രഷൻ ഡെസ്റ്റിനി ഇപ്പൊ കുറെ മനനം ചെയ്താൽ മനസ്സിലാവും അപ്പോ ഭഗവാൻ ഇവിടെ പറഞ്ഞു ഈ ഫ്രീ വില്ലും ഡെസ്റ്റിനിയും ഓപ്പറേറ്റ് ചെയ്യുന്ന ഫീൽഡ് സ്വഭാവം പ്രകൃതി അതാണ് മായ എന്ന് പറഞ്ഞത് അതാണ് നമ്മളുടെ ശരീരം നമ്മളുടെ ശരീരം ഇതോടെ നമ്മൾ കുടുംബം നമ്മൾ സാഹചര്യം ഒക്കെ നമ്മുടെ ശരീരമാണ് ഇതൊക്കെ കൂടി ചേർന്നിട്ടാണ് നമ്മളുടെ അപരാപ്രകൃതി പരാപ്രകൃതി എന്നൊക്കെ ഗീതയിൽ ഭഗവാൻ പറഞ്ഞു അപരാപ്രകൃതി ഓരോരുത്തരുടെയും ഉണ്ട് മുമ്പിലുള്ള പരാപ്രകൃതി എന്നുള്ളത് ചൈതന്യമാണ് അപ്പോൾ നോക്കുക സ്വഭാവ ജേന निबद्धस्वे कर्मण कर अवशो ने अवशोपितत हे कौते स्वभाव कर्मम कर्मं अद अब कट्टीटिण अर्जुन नि बंधान നിബദ്ധസ്വേന കർമ്മണം അത് ഞാൻ ചെയ്യില്ല എന്ന് നീ വെറുതെ മോഹം കൊണ്ട് മോഹം തന്നെ അഹങ്കാരം മോഹം കൊണ്ട് ഞാൻ ചെയ്യില്ലെന്ന് പറയണ്ടല്ലോ നീ അവയില്ലെന്ന് പറഞ്ഞാലും യു വിൽ ബി ഫോഴ്സ്ഡ് ടു ഡു വൈറ്റ് നിന്റെ പ്രകൃതി ഉണ്ടല്ലോ അത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമോ എന്നെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കും കാരണം നിന്റെ ഓരോ സെൽ ഓരോ കോശത്തിന്റെ ഉള്ളിലും ആ പ്രകൃതിയുണ്ട് ആ കർമ്മ അത് ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞാൽ ആ സമയമാവുമ്പോൾ ചെയ്യും അത് പ്രകൃതിയാണ് അർജുന ആ പ്രകൃതി ഇപ്പൊ അർജുനൻ പ്രകൃതി ശൗര്യാദിന സ്വഭാവചേന നിബദ്ധ അയാളുടെ ശൗര്യം വീര്യം ഒക്കെ അയാളുടെ ഗാംഭീര്യം എന്നൊക്കെ പറഞ്ഞത് തന്നെയാണ് അയാളുടെ ദൗർബല്യം അയാളെ അടങ്ങിയിരിക്കാൻ പറ്റില്ല നിബദ്ധസ്വേന കർമ്മണ ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞാലും അതൊക്കെ ഇയാളെ കൊണ്ട് ചെയ്യിപ്പിക്കും അതൊക്കെ അയാളെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കും ഇതിന് പുറകിൽ ഒരു ശക്തിയുണ്ട് ഈ പ്രകൃതിക്ക് ഒരു മോണിറ്ററുണ്ട് അതിന് പുറകിൽ ഒരു അന്തർയാമയുണ്ട് നമ്മളുടെ ചിത്രം കൊണ്ട് പൊതച്ച് ആ ചിത്തത്തിനെ പ്രാണനായി പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്നും കൊണ്ട് അതിന് പുറകിൽ സാക്ഷിയായിട്ടിരിക്കുന്ന ഒരു കർമാധ്യക്ഷനുണ്ട് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്ന ആ മഹാശക്തി ജീവനായിട്ട് തോന്നുന്നു ഭാഗവതത്തിൽ കപിലൻ പറഞ്ഞു ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാനൻ ഈശ്വരൻ ജീവൻ എന്ന കലയോടുകൂടെ ജീവൻ എന്ന പോലെ തോന്നിക്കൊണ്ട് ഇതിനകത്തിരിക്കണു ആ ജീവനെ ശരിക്കും ഉള്ളുകൊണ്ട് തൊട്ടു കഴിയുമ്പോൾ അറിയാം അത് ജീവനല്ല ശിവനാണ് ഉള്ളം പെരും കോയിൽ ഊൺ ഉടമ്പു ആലയം വള്ളർ പ്രാണാർക്ക് വായ് ഗോപുരവാസ തെളിന്താർക്ക് ജീവൻ ശിവലിംഗം കള്ള പുലൻ കാളാ മണിവിളക്കേ എന്ന് പറഞ്ഞു തിരുമൂലർ തിരുമന്ദിരത്തിൽ പറഞ്ഞു ഈ ശരീരന്തോയിൽ അഞ്ചു ഇന്ദ്രിയങ്ങളും അഞ്ചിദ്രിയിട്ട വിളക്ക് പോലെയാണ് വായ് ഗോപുരവാസൽ അമ്പലത്തിലേക്ക് പോകുന്ന മെയിൻ ഗേറ്റ് ആണ് നടയാണ് ശ്രീകോവിലാണ് ചിത്തം ഹൃദയം എന്ന് പറയുന്നത് അവിടെ ജീവൻ എന്ന് പറയുന്നത് ശിവലിംഗം അത് ജീവൻ എന്ന് ധരിക്കാണ് ആ ശിവത്തിനെ അറിയുമ്പോ അടുത്ത ശ്ലോകം നോക്ക ഈശ്വര സർവഭൂതാം ഹൃദ്ദേശേർജുന തിഷതീ ഭ്രാമയൻ സർവഭൂതാനീ യന്ത്രൂഢാനി മായയാ ഒരു യന്ത്രത്തിൽ ഇരുന്നു കൊണ്ട് ഉള്ളിൽ കാറിന്റെ ഉള്ളിൽ ഇരുന്ന് ഒരാൾ ഓടിക്കണു ഇപ്പൊ തനിയോ ഓടുന്ന കാറുകളൊക്കെ വന്നു പക്ഷെ അതും വേറെ എവിടെയോ അതിന് ഇരുന്നിട്ട് ഒരു സെറ്റ് ചെയ്യണം ഒരു യന്ത്രത്തിന് പുറകിൽ ഇരുന്നു ഒരു യന്ത്രത്തിനെ നിർമ്മിച്ച് അതിനെ ഓടിക്കുന്ന ആൾ തത് സൃഷ്ടിവാത്തദേവാനുപ്രാവശ്യത്ത് അതുപോലെ ഈശ്വര എല്ലാവരുടെ ഹൃദ്ദേശത്തിലും ഇരുന്നു കൊണ്ട് ഈ ബൊമ്മലാട്ടത്തില് പാവക്കൂത്തില് പാവകള് രാമനായിട്ടും രാവണനായിട്ടും ഒക്കെ ഡാൻസ് കളിക്കുമ്പോൾ പുറകെ നിന്ന് ചരട് വലിക്കും അത് അറിയുന്ന ആളുകൾക്കറിയാം ഈ പാവകളെല്ലാം കളിക്കുന്നത് പുറകെ നിന്ന് കളിപ്പിക്കുന്നവനാണ് അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് രഹസ്യം അറിയണ പോലെ ഈശസ്യ ഹി വശേ ലോക യോഷ ദാരുമയി ഈശ്വരന്റെ വശത്തില് ആണ് ഈ ലോകം ദാരുമയിഷ യഥാ മരം കൊണ്ടുണ്ടാക്കിയ ഒരു പാവ പോലെ കളിക്കുക ഇതറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ജീവൻ മുക്തരാവും സ്വതന്ത്ര എന്താണെന്ന് നമ്മളൊന്നും കർത്താവ് ഭോക്താവ് ഭഗവാനാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് തെറ്റ് വേണമെങ്കിലും ചെയ്യില്ലേ ചെയ്യാൻ പറ്റില്ല ദ മൊമെന്റ് യു ഗോ ടു ദാറ്റ് സ്റ്റേറ്റ് യു ആർ കംപ്ലീറ്റ്ലി ഇൻ ഹിസ് കൺട്രോൾ ആ സ്റ്റേറ്റ് വിട്ട് ഞാനെന്ന് വരുമ്പോഴേ തെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കഴിഞ്ഞുപോയ തെറ്റുകളെയും ഈ അറിവ് കൊണ്ട് ശമിപ്പിക്കണം ഈ അറിവിലിരുന്ന് കഴിഞ്ഞാൽ വരാൻ പോണ തെറ്റുകൾ ഒന്നും നടക്കില്ല കാരണം ഉള്ളിലുള്ള അന്തർയാമി വിടില്ല എന്ത് നടക്കണമോ അതേ നടക്കുള്ളൂ ഉള്ളിന് മുമ്പ് പറഞ്ഞുവല്ലോ നീശ്വരനെ സമർപ്പിച്ചാൽ ഉള്ളിൽ പരിപൂർണമായിട്ട് ആ ശക്തി നിനക്ക് വഴി കാണിച്ചു തരുമെന്ന് പറഞ്ഞല്ലോ ഒരിക്കലും വഴി പിന്നെ വഴി പഴക്കില്ല കഴിഞ്ഞു പോയതും ഒക്കെ ആ വരാൻ പോണതൊക്കെ അവിടെ കൊടുക്കുക പ്രസന്റ് മൊമെന്റിൽ പ്രസന്റ് മൊമെന്റിൽ പ്രതിബോധവിദിത്തം ഓരോ മൊമെന്റ് ബൈ മൊമെന്റ് ബൈ മൊമെന്റ് ഇരുന്നു കൊണ്ടേരിക്കുക കഴിഞ്ഞതൊക്കെ ഇല്ല വരാൻ പോണതും ഇപ്പോ ഇപ്പോ ഇപ്പോ ഇപ്പോ ഇതാണ് യോഗം എന്ന് പറഞ്ഞത് ഓരോ ക്ഷണത്തിലും അന്തര്യാമയുടെ അടുത്ത് സംബന്ധപ്പെട്ടുകൊണ്ട് നിശ്ചലമായിട്ട് അന്തര്യാമയുടെ ഭാഷ കേട്ടുകൊണ്ട് വാക്ക് കെട്ടുകൊണ്ട് ഗീത എന്ന് പറയുന്നത് ഈ പുസ്തകമല്ല ഉള്ളില് അർജുനനും അഹശ്ച കൃഷ്ണം അഹരർജുനം ചെ എന്ന് ഋഗ്വേദത്തിലൊരു മന്ത്രമുണ്ട് അർജുനനും കൃഷ്ണനും ഒന്ന് അന്തരീയാമി ഉള്ളില सयुजा സയുജാ സഖായ സമാനം परिशस्वजाते പരിഷസ്വജാ തയോരന്യ പിപ്പലം സ്വാദ്വർത്തി അനശ്നന്നോ അഭിചാശീതി സമാനേ വൃക്ഷേ പുരുഷോ നിമഗ്നോ അനീശയാ ശോചതി മുഹ്യമാന ജുഷ്ടം യഥാ പശ്യമീശ മഹിമാനമതി വീതശോക ഒരേ വൃക്ഷത്തിന്റെ കൊമ്പില് രണ്ട് കിളികളിരിക്കണമെന്ന് ഒന്ന് ജീവനാണ് ഒന്ന് ഈശ്വരനാണ് ജീവൻ എന്ന് പറയണത് സുഖ ദുഃഖങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഈശ്വരൻ സാക്ഷിയായിട്ട് അന്തര്യാമിയിട്ടിരിക്കണു ഒന്ന് തപൗ ബ്രഹ്മവിദോ വദന്തി വെളിച്ചമും അതിന്റെ നിഴലും പോലെയാണെന്നാണ് അപ്പൊ ഈ അന്തര്യാമിക്ക് ഈ ജീവനെ ശരണാഗതി ചെയ്ത് കൊടുക്കുകയാണ് ഉള്ളിലിരുന്ന് സർവഭൂതാനി ബ്രാഹ്മയന് ഉള്ളിൽ യന്ത്രം മെഷീൻ ഓടിക്കണ പോലെ ഇത് എങ്ങനെ എങ്ങനെ എങ്ങനെ കളിപ്പാട്ടങ്ങളായിട്ട് കളിപ്പിക്കണം ഇങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്ക് ആരും കർത്താവാണോ ഭോക്താവാണെന്ന് തോന്നില്ല പരമാർത്ഥം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്യവഹാരത്തിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പരമാർത്ഥം അറിഞ്ഞു കഴിയുമ്പോൾ നമ്മളും ഫ്രീ ആവും ബാക്കിയുള്ളവരുടെ മേലുള്ള ആരോപണമൊക്കെ നമുക്ക് പോയി പോകും സമാധാനം എല്ലാവരുടെ കർമ്മത്തിന് പുറകിലും ഒരു മഹാശക്തി ഉണ്ട് അത് നടത്തിക്കൊണ്ടിരിക്കണു നീ എന്തിനാ വേണ്ടാത്തത് തലയിൽ ഇതൊക്കെ എടുത്തിട്ടുന്നത് രോഗം നന്നാക്കാൻ പുറപ്പെടണം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നനക്ക് സമാധാനം ഉണ്ടാവും ശാന്തി ഉണ്ടാവും നമ്മുടെ മഹർഷിയുടെ ഒരു ദൃഷ്ടാന്തമാണ് ട്രെയിനിൽ പോണ ആള് പെട്ടി തലയിൽ വെച്ചോണ്ടിരിക്കണോത്രെ എന്തിനാ ഈ സൂട്ട് കേസ് വെച്ചുകൊണ്ടിരിക്കണെന്ന് ചോദിച്ചപ്പോ അയാള് പറയണത് ഭാവൻ ട്രെയിൻ എല്ലാം ചുമക്കണു എന്റെ പെട്ടി ഞാൻ തൂക്കിക്കൊടാമോ നീ ചുവട്ടിൽ വെച്ചാലും തലയിൽ വെച്ചാലും ട്രെയിനാണ് ചുമക്കണത് അല്ലേ അപ്പോ ഇതുപോലെ സകല കർമ്മങ്ങളും കാര്യങ്ങളും ഒരു മഹാശക്തി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ കാര്യം മാത്രം ഞാൻ ചെയ്തു കൊള്ളാം എന്റെ കാര്യം ഞാൻ എന്തിനാ വെറുതെ വിഷമിക്കണത് അങ്ങോട്ട് ഇട്ടിട്ട് സമാധാനമായിട്ടിരിക്കുക ശാന്തമായിട്ടിരിക്കുക അടങ്ങിക്കൊടുത്തിട്ടിരിക്കുക ആ ശക്തിയുടെ ഭാഷ മനസ്സിലാക്കുക അതിൻ്റെ വിനിമയം മനസ്സിലാക്കുക അതിൻ്റെ ചലനത്തെ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കൺട്രോളിന് അറിഞ്ഞിട്ട് ചലിക്കാൻ ഉള്ള ഒരു ഓർഡർ ഋതം എന്നാണ് അതിന് പറയാ സത്യം എന്ന് പറയുന്നത് മാറാതിരിക്കുന്ന ചൈതന്യത്തിന്റെ സ്വഭാവം ഋതം എന്ന് പറയണത് ആ ഉള്ളിലുള്ള ചേതന ഉപാധി സംബന്ധമായിട്ട് വരുമ്പോ ഈശ്വരനായിട്ട് മാറണു അപ്പോ അതിൻ്റെ ചലനത്തിന് അതിൻ്റെ കൺട്രോളിനനുസരിച്ച് താളം തെറ്റാതെ ഉള്ള മൂവ്മെന്റ് ആണ് ഋതം ഈ ഋതസത്യനേത്രനാണ് ഭഗവാൻ നമ്മളും സത്യത്തിനെ അറിഞ്ഞുകൊണ്ട് ഋതപരിപാലനത്തിന്റെ അ പെർഫെക്ട് ഓർഡറിലേക്ക് വീണുകൊണ്ട് ലോകത്തില് ജീവിക്കാമെങ്കിൽ ശാന്തി ഉണ്ടാവും ഈശ്വരൻ ഉള്ളിലിരുന്ന് വഴികാണിക്കണു എന്ന് പറഞ്ഞു ഭഗവാൻ ഞാൻ എന്ത് ചെയ്യണം അവന് ശരണാഗതി ചെയ്യൂ വളരെ ഗീതയിലെ സാരവത്തായ ഹൃദയമായ ശ്ലോകം തമേവ ശരണംവഭാവേന ഭാരത തത് പ്രത് പ്സ്യസി ശാശ്വത തീശ്വരം ശരണ സംസാരാർത്ഥിഹരണം ഗഭാവന സർവാത്മന ആ സർവഭാവനുളയില് ലൈഫ് മുഴുവനുണ്ട് ഓരോ മൊമെന്റും നമ്മളുടെ എല്ലാ ഭാവം നമ്മൾ ഓരോ കാര്യങ്ങളും രണ്ടു ദിവസം മുമ്പ് ആരോ വന്നു ഭക്തി എന്നൊക്കെ പറഞ്ഞപ്പോ അവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു വീട്ടിൽ ഇഷ്ടദേവതയെ വെക്ക ആ ദേവതയെ ആരാധിക്ക പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ പോയിട്ട് വരാമെന്ന് പറയാ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്തു എന്ന് ഭഗവാനോട് പറയാ നേദിക്ക ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നേദിക്കുക കിടക്കാൻ പോകുമ്പോൾ ഞാൻ കിടക്കാൻ പോകണമെന്ന് പറയാ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എഴുന്നേറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് പ്രബോധനം ചെയ്യുക ഓരോ കാര്യത്തിനും ഭഗവാനെ ആശ്രയിക്കാൻ പുറത്തൊരു ആലംബമായി ഇഷ്ടമൂർത്തിയെ വെച്ചുകൊണ്ട് സംവദിച്ച് സംവാദം ചെയ്ത് ഭക്തി സാധന ചെയ്ത് പഠിക്കുക അത് നമ്മളുടെ ഋഷി പരമ്പര മുഴുവൻ അങ്ങനെയാണ് അപ്പോ ഞങ്ങളൊക്കെ തന്നെ വരുമ്പോ അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുന്ന് വരുമ്പോൾ ഭഗവാന്റെ സന്നിധിയില് രമണാശ്രമത്തില് ഞങ്ങൾക്ക് അത് പ്രത്യക്ഷ സന്നിധിയാണ് ചെന്ന് എല്ലാം പറഞ്ഞിട്ട് അങ്ങോട്ട് പോരുക എന്തൊക്കെ നടക്കാൻ പോണു എന്തൊക്കെ കാര്യമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ നേരെ ഭഗവാന്റെ സന്നിധിയിൽ പോയി എന്തൊക്കെ നടന്നു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു ഒക്കെ അങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യും ശിങ്കേരിയിൽ ആചാര്യ ചെയ്യണ് കണ്ടിട്ടുണ്ട് പോകുന്നതിന് മുമ്പ് ആ യാത്രയ്ക്കുള്ള ലിസ്റ്റ് മുഴുവൻ ശാരദാ പരമേശ്വരിയുടെ സന്നിധി ചെന്ന് വായിച്ച് കാണിക്കും അത് കഥ കടച്ച് വായിച്ച് കാണിക്കും എന്നിട്ട് പുറത്തു വരും തിരിച്ചു പോയി കഴിഞ്ഞാൽ അതേപോലെ ഉള്ളിൽ നേരെ കയറി വാതിലടച്ച് ഈ നടന്നത് മുഴുവൻ അവിടെ സമർപ്പിച്ച് വായിച്ചു കാണിക്കും ഇതൊക്കെയാണ് പ്രായോഗികമായ യോഗചര്യ എന്ന് പറയുന്നത് അന്തര്യാമിയെ ആശ്രയിച്ച് ജീവിക്കുക ഓരോന്നും അവിടെ പറയുക പറഞ്ഞു പറഞ്ഞു ജീവിക്കുക സർവഭാവേന എന്നാണ് എന്തുകൂണ് കഴിച്ചു എന്ത് എങ്ങനെ ഉറങ്ങി എങ്ങനെ ജീവിച്ചു എവിടെ പോയി എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തു ഒക്കെ അവിടെ സമർപ്പണം ചെയ്യൽ ഒരു സമ്പ്രദായമാണ് സർവഭാവേന എന്നുവെച്ചാൽ കോൺസ്റ്റന്റ് കണക്ഷൻ വിത്ത് ഗോഡ് ഈശ്വരന്റെ അടുത്ത് എപ്പോഴോ ഉള്ള കണക്ഷൻ അല്ല കോൺസ്റ്റന്റ് കണക്ഷൻ ഭഗവാൻ എല്ലാ സ്ഥലത്തുണ്ട് അമ്മയും അച്ഛനും ബന്ധുക്കളും ഒക്കെ ആയിട്ട് മാതാ ച പാർവതിദേവി പിതാദേവ് മഹേശ്വരഹ ബാന്ധവ ശിവഭക്താ സ്വദേശോ ഭുവൻ അത്രയും അന്തര്യാമിയായ ഭഗവാനെ അറിഞ്ഞു കഴിയുമ്പോൾ അമ്മയും അച്ഛനും ഒക്കെ ഉളുത്തണ്ടു ഭഗവാൻ പറഞ്ഞു ഞാൻ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആരാ ഈ കോൺഷ്യസ്നെസ് പറഞ്ഞ എന്താ പിതാഹമസ്യ ജഗതഹ ഉടോ ഞാൻ തന്റെ അച്ഛനാണ് മാതാ ഞാൻ അമ്മയാണ് ഞാൻ നിന്റെ ഈശ്വരനാണ് പിതാമഹ നിന്റെ മുത്തശ്ശനാണ് സുബ്രഹ്മണ്യ ഭാരതി ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എന്ന് കരഞ്ഞുകൊണ്ടേരിക്കും അത്ര റോട്ടിൽ നിന്നിട്ട് അമ്മ അമ്മ അമ്മ അമ്മ എന്ന് അമ്മ മരിച്ചുപോയി അച്ഛനും മരിച്ചുപോയി അപ്പൊ ഗോവിന്ദസ്വാമി എന്ന് പറഞ്ഞു സിദ്ധൻ സുബ്രഹ്മണ്യ ഭാരതി തന്നെ എഴുതിയിട്ടുണ്ട് തെരുവിൽ വന്നു കുട്ടിയെ എടുത്തിൽ ആളിച്ചു അച്ഛനെ കാണാനില്ല അമ്മയെ കാണാനില്ല തലയിൽ കൈ വെച്ചിട്ട് എന്താ നോക്കുന്നു അച്ഛനെയും അമ്മയൊക്കെ കാണിച്ചോർത്തു ദർശനം ഇത് സുബ്രഹ്മണ്യ ഭാരതി തന്നെ പാട്ടിൽ എഴുതിയിട്ടുണ്ട് അപ്പോ കണ്ടിട്ട് ഒരേ സന്തോഷം ആനന്ദം അമ്മയും അച്ഛനും കുട്ടിക്കാലം ഒന്ന് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ള വിഷമിച്ചിരിക്കുമ്പോ എന്റെ തലയിൽ തന്റെ കൈ വെച്ച് സെന്നി മേൽ തൻ കറം ആ പാട്ട് ഓർമ്മയില്ല എനിക്കിപ്പോ എന്നാൽ അമ്മയെ കാണിച്ചു കൊടുത്തു അച്ഛനെ കാണിച്ചു കൊടുത്തിട്ട് ഇനി ഇതൊന്നും ആശിക്കേണ്ട നീ നിന്റെ ഉള്ളിലെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കും ആ ശരണാഗതി ചെയ്യുമ്പോൾ അമ്മയും അച്ഛനും ബന്ധുവും സർവാത്മഭാവമാണ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി യു ഫീൽ സെക്യൂർ കണ്ണു തുറന്നുകൊണ്ട് ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിക്ക് അമ്മയുടെ മടിയിൽ ഇരിക്കുന്ന സ്വാതന്ത്ര്യമാണ് സന്തോഷമാണ് കംപ്ലീഷൻ ആണ് ഭക്തി എന്ന് പറയുമ്പോൾ ജ്ഞാനത്തിന്റെ പൂർത്തിയാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു നിശ്ചലത ശാന്തി എന്ന് മാത്രം ധരിക്കേണ്ട ഒരു ജീവിതത്തിന്റെ സമ്പൂർണ്ണ പുഷ്കലമാണത് അതിൽ മാതൃഭാവം പിതൃഭാവം ആചാര്യഭാവം സംരക്ഷണത്വം ഒക്കെ അതിനകത്തുണ്ട് എല്ലാം നിറഞ്ഞ് പൂർണ്ണമായ ഒരു ആനന്ദം എപ്പോൾ വരുമ്പോൾ കണ്ണു തുറന്നുകൊണ്ട് ധ്യാനിക്കൊന്നും വേണ്ട സാധനയൊന്നും വേണ്ട ഇരിക്കുമ്പോൾ തന്നെ ജ്ഞാനീ സംരക്ഷണത്തിന്റെ അനുഭവമുള്ളവനാണ് രമണ മഹർഷി പൂർണ്ണ ജ്ഞാനി ബ്രഹ്മനിഷ്ഠ ജീവൻ മുക്തനായ മഹർഷി പാടുന്നു അമ്മയും അപ്പനുമായ ഭൂമിയിൽ ആക്കി അളിത്ത് അം മഹിമായ ആൾക്കടൽ വീഴ്ന്നു ഞാൻ ആഴ്ന്നിടും മുൻ മനം മണ്ണി ഇഴുത്തുൻ പദത്തിൽ ഇരുത്തിനയാൽ ചിന്മയനാം അരുണാചലിൻ അരുൾ ചിത്രമെന്നേ ഈ കൃപയുടെ വൈഭവത്തിന് ഞാൻ എങ്ങനെ പറയും അമ്മയും അച്ഛനും ഒക്കെ ആയിട്ടാണ് അപ്പൊ ഈശ്വരൻ മാതൃമാനും പിതൃമാനും ഒക്കെയാണ് മാതാവും പിതാവും ഒക്കെയാണ് നമ്മൾ മാതൃമാനും പിതൃമാനും ആചാര്യവാനുമാണ് സദാ നമ്മളുടെ ഉള്ളിൽ ഭഗവാൻ എപ്പോഴും ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ആ പരമഭക്തിയോടെ പ്രിയത്തോടെ അൻപ് ശിവം എന്ന് രണ്ടല്ല എന്ന് തിരുമൂലർ പറഞ്ഞല്ലോ അതുപോലെ അറിഞ്ഞുകൊണ്ട് ശരണാഗതിച്ച് തമേവ ശരണം ഗച്ച് സർവഭാവേന ഭാരത തത്പ്രസാദാത് പരാം ശാന്തിം ശാശ്വ